ദേവപൂജ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രഭാതം തുടങ്ങുമ്പോ ദിവ്യമായ സന്നിധിയെ വീട്ടിൽ കണ്ടുകൊണ്ട് എഴുന്നേക്കണം എന്തൊരു ഭാവം ഉറങ്ങി എഴുന്നേക്കുമ്പോ രാവിലെ എണീറ്റ് ഭഗവാന് വിളക്ക് കൊളുത്തിവെച്ച് നമ്മള് വീട്ടിൽ ഒരു മഹാത്മാ ഉണ്ടെങ്കിൽ തന്നെ എന്തൊരു സുഖം ഭഗവാൻ വീട്ടിൽ ഉണ്ട് എത്ര സുഖം നോക്കും വീട്ടിൽ അങ്ങനെയൊക്കെ ഇരുത്തണം അതില്ലെങ്കിലേ വ്യാഴാളയദ്രുമാവൈത്തെ അരിക്താഖില സമ്പദാ ഭാഗവതം പറഞ്ഞു എടുത്താ തീരാത്ത പണമുള്ള വീടാണെങ്കിലും പാമ്പ് ത താമസിക്കുന്ന പോട് പോലെയാണ് ആ വീട് എന്നാണ് എവിടെ ദേവപൂജ ഇല്ലയോ എവിടെ അതിഥി പൂ സത്കാരം ഇല്ലയോ എവിടെ ഭഗവന്നാമ ജപം ഇല്ലയോ ഭഗവത്യാനം ഇല്ലയോ അത് നല്ല പാമ്പിന്റെ പൊത്ത് പോലെയാണ് അവിടെ എന്ന് വെച്ചാൽ എന്താ ഡിസ്റ്റർബൻസ് ഉണ്ടാവും സൈക്കിക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റില്ല അതിനകത്ത് പോകുമ്പോ തന്നെ ഒരു ആലയത്തിലേക്ക് പോകണ ഒരു ഭാവം ഉണ്ടാവണം ഫോട്ടോസൊക്കെ വേണം പലരും ചോദിക്കുന്നത് എന്തിനാ ഈ ഫോട്ടോസൊക്കെ അത് ചില ആളുകൾ പറഞ്ഞു ഓരോ ദൈവങ്ങളെ ഫാമിലി ഫോട്ടോ ശിവൻ പാർവതി ഗണപതി മുരുകൻ ചിരിച്ചുകൊണ്ട് ആരാ ഈ ഫാമിലി ഫോട്ടോ കൊടുത്തത് എന്ന് ഒരു വിദ്വാൻ എന്നടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പാ എന്തു മംഗളമായ ഒരു സംസ്കാരം നോക്കൂ നിങ്ങൾ ഫാമിലിയിൽ ഇരിക്കുമ്പോ ക്ഷേമമായിട്ടിരിക്കണമെങ്കിൽ ഉപാസനാ സമ്പ്രദായം തന്നെ നീ എങ്ങനെ ഇരിക്കണോ അങ്ങനെ ദേവനെ ഉപാസിക്കണമെന്നാണ് സന്തോഷമായിട്ട് ബ്രഹ്മം ആനന്ദമയമാണ് നീ എങ്ങനെയുണ്ടോ അത് ആ ബ്രഹ്മത്തിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രാണ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെയുണ്ട് നിനക്കൊരു ഫാമിലിയായിട്ട് സന്തോഷമായിട്ടിരിക്കാമെങ്കിൽ ഈശ്വരൻ എന്തുകൊണ്ട് പറ്റില്ല നിന്റെ ഈശ്വരൻ നീ എങ്ങനെയോ അങ്ങനെയാണ് അവിടെ സന്തോഷമായിട്ടുള്ള ഭാവത്തിനെ നീ ആരാധിച്ചാൽ നീ സന്തോഷമായിട്ടിരിക്കും കാരണം വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരി വിശ്വം എന്ന് പറയുന്നത് കണ്ണാടിയിൽ കാണുന്ന റിഫ്ലക്ഷൻ ആണ് എന്റെ ഉള്ളില് ഏത് ഭാവത്തിൽ അതിനനുസരിച്ചായിരിക്കും നിന്റെ ജീവിതം അതുകൊണ്ട് കുടുംബത്തില ഉമാര സോമാസ്കന്ദിയാ ഭഗവാന ഉപാസന യോഗികൾ വെച്ചാ നീ എ മൂർത്തി ഉപാസന എന്ത ഭാവത്ത് നീ എപ്പിരിക്കോ അപ്പി ഉപാസന പന്തോഷായിട്ട് ഇല്ലേ അല്ലാതെ ശോകമോകമായി ഒരു ട്രാജഡി ഫികർ ആലോചിച്ച് നോക്കൂ പല സ്ഥലത്തും ഒരു ട്രാജഡി ഫിഗർ അത് കണ്ടാ നമുക്ക് നമുക്കും ശോകമോക്കമായിട്ട് അതാണോ സന്തോഷായിട്ടിരുന്നപ്പോ എന്താ തെറ്റ് സന്തോഷായ കൃഷ്ണൻ സന്തോഷമായിട്ട് ഗുരുവായൂരപ്പൻ ആനന്ദമായിട്ട് ഇരിക്കണം രാവിലെ വിളക്കൊക്കെ കൊളുത്തിവെച്ച് അവിടെ നാമസങ്കീർത്തനം ചെയ്ത് ഭഗവാനെ ആരാധിച്ച് സന്തോഷമായിട്ട് നിറഞ്ഞ് അല്ലേ അങ്ങനെ ദേവനെ പൂജിക്കണം സഗുണമൂർത്തിയായ ഭഗവാനെ ഐശ്വര്യം വീര്യം യശസ് തേജസ് സർവജ്ഞത്വം സർവശക്തിമത്വം സംരക്ഷണക്ഷണം സൗന്ദര്യം മുതലായ അലൗകികമായ എന്തൊക്കെ ഭാവങ്ങളാണോ നമ്മളുടെ ഉള്ളിൽ വിശിഷ്ടം മായിട്ടുള്ളത് ആ ഭാവങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കണത് സർവഗുണവിശിഷ്ടനായി സർവേശ്വരനെ ആരാധിക്കണം പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവര് അങ്ങനെ ആരാധിച്ചാൽ എന്തെന്ത് എങ്ങനെ ആരാധിക്കപ്പെടുന്നു അങ്ങനെ അങ്ങനെ വെളിയിൽ അഭിഷപണം നടക്കും ചിത്തിനെ പിഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണത് അതുകൊണ്ട് ആ ചിത്തിനെ എങ്ങനെ ആരാധിക്കണോ അതുപോലെ ചിത്ത് അനുഗ്രഹിക്കും കുടുംബത്തിലുള്ളവർ ഭഗവാനെ അങ്ങനെ പൂർണമായി ഗൃഹത്തിന്റെ സെന്ററിൽ വെച്ച് ദേവനെ ആരാധിച്ച് പുറത്തു പോകണമെങ്കിൽ ഭഗവാനെടുത്ത് പറഞ്ഞിട്ട് പോകണം ഞങ്ങളൊക്കെ നിർഗുണ അദ്വൈത ജ്ഞാന സമ്പ്രദായ പരമ അദ്വൈതികളാണ് പാലക്കാട്ടിലേക്ക് പുറപ്പെട്ട് വരുമ്പോൾ ആശ്രമത്തിൽ പോയി നിർത്തി ഭഗവാന്റെ സന്നിധിയിൽ പോയി ഞാനെന്താ പാലക്കാട്ടിലേക്ക് പോണു ഗീതാ പ്രഭാഷണത്തിനും പോണു ഇന്നടത്ത് താമസിക്കും ഇന്ന സ്ഥലത്തേക്കൊക്കെ പോണം ഒക്കെ പറഞ്ഞിട്ടാണ് വരിക പോയി കഴിഞ്ഞാൽ ഒക്കെ പോയി പറയും ശിങ്കേരിയിൽ ആചാര്യർ ഓരോരിക്കും പുറത്തു പോകുമ്പോഴും ശാരദാമ്പ സന്നിധിയിൽ പോയി ഉള്ളിൽ പോയി വാതിലടച്ച് പറഞ്ഞിട്ട് പുറത്തു ഇതൊക്കെ പരമ്പര പരമ്പരയായി ഋഷി പരമ്പരയ വന്നിട്ടുള്ള സംസ്കാരങ്ങളാണ് വീട്ടിലെ ഒരു ഇഷ്ടദേവതയെ വെച്ചാൽ ഓരോ കാര്യവും റിപ്പോർട്ട് ചെയ്യണം അപ്പോ ഒരു കാര്യവും അതിൽ ഗുണം എന്താന്ന് വെച്ചാൽ എന്ത് പറയാൻ പാടുമോ അതേ ചെയ്യാൻ പറ്റുള്ളൂ ഭഗവാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ ചിലതൊക്കെ പോയി ഞാൻ ഇന്ന ആളെ ചതിക്കണം ഭഗവാന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറ്റില്ലല്ലോ ആരാധിക്കുമ്പോ അതൊരു സംസ്കാരം അതിന് പുറകിലാണ് ആരാധനാ സംസ്കാരം ദേവപൂജ ഇഷ്ടദൈവത്തിനെ ആരാധിക്കണം ദ്വിജ ബ്രാഹ്മണർ വേദാധ്യയനം ചെയ്തവര് ശാസ്ത്രാധ്യയനം ചെയ്യുന്നവര് ഋഷി എന്നർത്ഥം ഋഷികളെ ആരാധിക്കണം വേദത്തിനെ ആദരിക്കണം പ്രാമണനെ ആരാധിക്കണത് പ്രാമണ സംസ്കാരത്തിലെ പൊതുവേ ശ്രാദ്ധം മുതലായ എല്ലാ കർമ്മങ്ങൾക്കും പ്രാമണ പ്രക്ഷിണ പ്രാധന സംസ്കാരത്തിലെ കിടക്കമാട്ടാ യോഗ്യതവാള കിടക്കമാർ അധ്യയനം എന്നെങ്ക കാലും അത് സംസ്കാരത്തക്കാൻ കറം ബ്രാഹ്മണ പൂജനം ദേവദ്വിജ ഗുരു അവരവർക്ക് അധ്യാത്മ വഴി കാട്ടുന്ന ജ്ഞാനോപദേഷ്ടാവായ ഗുരു ആ ഗുരുവിനെ ആരാധിക്ക ഗുരുവിനെ ദേവനും ദ്വിജനും ഗുരു ഒക്കെ ഒന്നാണെങ്കിലും നമുക്കിവിടെ വൈവിധ്യമുള്ളത് കൊണ്ട് ആരാധനാ സമ്പ്രദായത്തിൽ ഇതൊക്കെ വേണം അപ്പൊ ഗുരുവിനെ നമ്മളിപ്പോ പലരും ചെയ്യുന്നത് അവരവർക്ക് സമ്പ്രദായ ഗുരുവിനെ ഒരു പടം വെച്ചിട്ടെങ്കിൽ ഒരു പുഷ്പം വെച്ച് ആരാധിക്കും ഒരു ഒരു ആദരവാണ് ഗുരുവിനെ ഒന്ന് സ്മരിക്കുകയാണ് ആ ഗുരുസമ്പ്രദായത്തിന് ആരുടെ അടുത്തുനിന്ന് നമുക്ക് ഈ ബ്രഹ്മവിദ്യ കിട്ടിയോ ആരുടെ അടുത്തുനിന്ന് നമുക്ക് ഭഗവത് ആരാധനാ മാർഗം ഉപദേശിക്കപ്പെട്ടുവോ ആ ഗുരുവിനെ ഒരു വിധത്തിലൊരു ആരാധന ഒരു റെവറൻസ് ആണ് അതെ അത് ഉണ്ടായാലേ നമുക്ക് ഈ സമ്പ്രദായത്തിൽ ഒരു ബലം അത് തപസ്സിന്റെ നിത്യാനുഷ്ഠാനത്തിന്റെ ഭാഗമാണെന്ന് ദേവപൂജ ബ്രാഹ്മണ പൂജ ഗുരുപൂജ ഈ ഗുരു എന്ന് പറയുന്നത് സമ്പ്രദായ പ്രവർത്തകൻ നമ്മൾ ഏത് സമ്പ്രദായത്തിൽ വന്നിരിക്കണോ ആ സമ്പ്രദായത്തിന്റെ അച്ഛനോ അമ്മയോ ഒക്കെയാണ് ഗുരു അപ്പൊ ആ ഗുരുവാണ് നമുക്കൊരു ഫോഴ്സ് നമ്മളുടെ സമ്പ്രദായത്തിൽ നമ്മളുടെ ആരാധനയിൽ നമ്മളുടെ വഴിയിൽ മുഴുവൻ സ്ട്രീമിലും ആ ഗുരുവുണ്ട് ആ ഗുരു നമുക്ക് കാണിച്ചു തന്നെ എല്ലാത്തിനും ഗുരു പ്രമാണമാണ് ഗുരുവിനെ പൂജിക്കുന്നത് പുഷ്പം കൊണ്ടുവച്ച് ആരാധിച്ച് പൂജിച്ച് മാത്രമല്ല ആ ഗുരു പറഞ്ഞപടി അനുസരിക്കണം അധ്യാത്മ ജീവിതത്തിലെ ആ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണം അതിനനുസരിച്ച് ജീവിക്കണം ആ ജീവിക്കുന്നതാണോ ഗുരുപൂജ ബാഹ്യപൂജ നമുക്കൊരു അനുഷ്ഠാനത്തിന് ഒരു ഡിസിപ്ലിന് അപ്പൊ ദേവപൂജ ദ്വിജപൂജ ഗുരുപൂജ ഇപ്പോ വർഷാവർഷം നമുക്ക് വ്യാസപോർണമി ഗുരുപൂർണമി എന്ന് പറഞ്ഞിട്ട് നമ്മള് ആരാധിക്കും അങ്ങനെയല്ലാതെ ഓരോ ദിവസവും ഓരോ സമയത്ത് ഇപ്പൊ കാഞ്ചി പരമാചാര്യർ ധാരാളം പുഷ്പമാലയൊക്കെ കൊണ്ടുവന്ന ചില ഫോട്ടോയിലൊക്കെ കാണാം ഒക്കെ തലയിൽ ഇട്ടിട്ടിരിക്കും രുദ്രാക്ഷം ഒരു കെട്ട് തലയിൽ ഇട്ടിട്ടിരിക്കും അപ്പൊ ഒരിക്കലോ ചോദിച്ചു ഇത് എന്ത് സമ്പ്രദായമാണ് ഈ തലയിലെല്ലാം കെട്ടുകെട്ടായിട്ടുള്ളു അപ്പൊ പറഞ്ഞു ശിഷ്യന്റെ തല ഗുരുവിന്റെ പാദമാണ് അതുകൊണ്ട് ഗുരുവിന്റെ പാദത്തിൽ അർപ്പിക്കണതിന് ഈ സമ്പ്രദായം തലയിൽ വെക്കല നമ്മളുടെ സമ്പ്രദായ പ്രവർത്തകരൊക്കെ ഗുരുവാരാധന ചെയ്തു അല്ലെ ഭഗവാൻ ഭാഗവതത്തിലെ കുചേലൻ്റെ അടുത്ത് പറയണു കുചേലിനെ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ദരിദ്ര സമാധാനമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു ഭഗവാനോ ഐശ്വര്യ സമൃദ്ധിയിലിരിക്കണോ കൃഷ്ണൻ സമാധാനമായിട്ടിരിക്കണമെന്നു രണ്ടും ബുദ്ധിമുട്ടാ ഒരുപാട് പണമുണ്ടെങ്കിൽ സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ട് ദരിദ്രത്തിലെ പണം സമാധാനായിട്ടിരിക്കണവും ബുദ്ധിമുട്ട് രണ്ടുപേരും പറഞ്ഞു സമാധാനമായിട്ടിരിക്കണോ എങ്ങനെയാ സമാധാനം ഗുരു അനുഗ്രഹേണൈവ പുമാൻപൂർണ ഗുരു അനുഗ്രഹം ചെയ്തു സമാധാനമായിട്ട് ശാന്തിയോടെ ആയിരിക്കണം ഗുരുവിന്റെ അനുഗ്രഹത്തിന്റെ ഫലം എന്താ ഈ ശാന്തി അപ്പൊ ദേവപൂജ ദ്വിജപൂജ ഗുരുപൂജ രാമൻ വസിഷ്ഠന്റെ അടുത്തെന്ന് ഉപദേശം സ്വീകരിച്ചു വസിഷ്ഠൻ വാൽമീകി അഗസ്ത്യൻ എല്ലാരെയും ചെന്ന് കാണുന്നു ഭഗവാൻ അത് ദ്വിജപൂജയോ ഗുരുപൂജയോ ഒക്കെ ആയിട്ടെടുക്കാം വാൽമീകി രാമായണത്തിൽ ഭഗവാൻ ഓരോ ഋഷികളെയായി ചെന്ന് കാണുകയാണ് രാമായണത്തിലെ കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ എല്ലാ സംസ്കാരങ്ങളും ചെയ്ത് ഒരു സന്യാസം എടുക്കുന്ന പോലെയാണ് ഭഗവാൻ പുറപ്പെടുന്നത് എല്ലാത്തിനെയും ദാനം ചെയ്ത് ബ്രാഹ്മണർക്ക് ധാരാളം ദാനം കൊടുത്തു അവസാനാവുമ്പോൾ ഒരു ബ്രാഹ്മണൻ വന്നു ആ ബ്രാഹ്മണൻ ത്രിജട ബ്രാഹ്മണൻ എന്ന് പേര് അയാൾ മൂന്ന് ജഡ വച്ചിട്ടുണ്ടാവുമായിരിക്കും ഓരോ സമ്പ്രദായം ഉണ്ട് ശിഖയ്ക്കും മുൻപിലേക്ക് ശിക വെക്കുക ചിലർക്ക് പാർശ്വശിക ചിലർക്ക് ബാക്കിൽ ശിക ഇതൊക്കെ ഓരോരോ സമ്പ്രദായം അറിയാനുള്ള വ്യത്യാസങ്ങളിൽ ഈ തിരിചട ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നു രാമൻ ദാനം കൊടുക്കണ്ടതെന്നു എല്ലാം ദാനം കൊടുത്തു കഴിഞ്ഞു അപ്പൊ അവസാനമാണ് നടക്കാൻ ജീവില്ലാ പാവം വശന്ന് വയറൊക്കെ വന്നിട്ട് ദാനം ചോദിച്ചു അപ്പൊ ആഗ്രഹാണ് തമാശ രാമന് തന്നെ ഒന്ന് തമാശ തോന്നി പാവം നടക്കാൻ ശക്തിയില്ലെങ്കിൽ പോലും ദാനം കൊടുക്കണമെന്ന് കണ്ടപ്പോൾ ഇത്രയും ദൂരം വന്നു എന്നാണ് പഴയ കാലത്ത് ബ്രാഹ്മണ ആധിപത്യം അതെന്നൊക്കെ നിങ്ങൾക്ക് ഓരോന്ന് എഴുതിയതൊക്കെ പറയാം കുറെ ആളുകൾ പണക്കാരായിരുന്നു എന്നല്ലാതെ അധികം പേരും വിഷമിച്ചാണ് ജീവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിണ്ട് പാലക്കാട് എവിടെ നിന്ന് പല്ലസേനയില് ഊണും നാലെണ്ണ ദക്ഷിണയുണ്ടെന്ന് കേട്ടാൽ നടക്കും ഊണ് മാത്രം കിട്ടിയാൽ നടക്കും ഇപ്പോഴും പല സ്ഥലത്തുണ്ട് എന്താന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ ഇവിടെ ഈ ത്രിചട ബ്രാഹ്മണൻ ദാനം കിട്ടുമെന്ന് പറഞ്ഞ് വന്നു ഇയാളുടെ ഒട്ടിയ വയറും ഒക്കെ കണ്ടിട്ട് രാമൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ കയ്യിലൊരു ദണ്ടുണ്ടല്ലോ ആ ദണ്ട് വലിച്ചൊരു ഏറ് കൊടുക്കുക എത്ര ദൂരത്തേക്ക് പോകുക അത്ര നീള നീളത്തേക്ക് വരി വരിയായി പശുവിനെ നിർത്തി ദാനം തരാന്ന് പറഞ്ഞു അപ്പൊ രാമൻ തമാശക്ക് ചിരിച്ചിട്ടാണ് പറഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്തു അത്രേ മേലെയുള്ള ഉത്തരിയെടുത്തു എടുത്തിട്ട് ഇടുപ്പിൽ വലിച്ചു ഒരു മുറുക്കു മുറുക്കി മുറുക്കിയിട്ട് ആ ദണ്ഡം ഒരു ഏറെ അങ്ങോട്ട് കൊടുത്തു സരയൂ നദി കടന്ന് അങ്ങോട്ട് പോയി കൊടുത്തു അപ്പോ രാമൻ പറഞ്ഞു പാ അങ്ങയുടെ തപസ്സിന് നമസ്ത നമസ്കാരം ഞാൻ തമാശ പറഞ്ഞത് പൊറുക്കണം അത്രയും പശുതരാന്ന് പറഞ്ഞു വരി വലിയ നിർത്തി പശുവിനെ കൊടുത്തു ദാനം ഗോദാനവും കൊടുത്താണ് അപ്പോ ദേവപൂജനം ദ്വിജപൂജനം ഗുരുപൂജനം പ്രാജ്ഞപൂജനം നമ്മളുടെ ഗുരുവല്ലാതെയും ജ്ഞാനികൾ ധാരാളമുണ്ട് നമ്മൾക്കൊരു സമ്പ്രദായത്തിന് ഒരു ഗുരുവുണ്ട് നമ്മളുടെ ഒരു സമ്പ്രദായം നമ്മൾക്ക് വഴി കാണിച്ച മഹാപുരുഷൻ നമ്മൾക്ക് ഉപദേശിച്ച ഗുരു അങ്ങനെ ഒരു ഗുരുവുണ്ട് അങ്ങനെ അല്ലാതെ നമ്മളുടെ സമ്പ്രദായത്തിലല്ലാതെയും എത്രയോ ജ്ഞാനികൾ ഉണ്ടല്ലോ എത്രയോ മഹാപുരുഷന്മാരുണ്ടല്ലോ അവരൊക്കെ ഏത് സമ്പ്രദായത്തിലുള്ളവരാണെങ്കിലും എങ്ങനെയുള്ള ജ്ഞാനികളാണെങ്കിലും അവർക്കൊക്കെ നമസ്കാരം അവരൊക്കെ വരുമ്പോ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ട വിധത്തിൽ അവർക്കൊക്കെ വഴി കാണിച്ച് അവർക്കൊക്കെ ആരാധിക്കണത് പ്രാജ്ഞ പൂജനം ദേവപൂജനം ൂജനം ഗുരുപൂജനം പ്രാജ്ഞപൂജനം ഇതിപ്പോ നമുക്ക് സ്പിരിച്വൽ ലൈഫ് അധ്യാത്മമാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ നമുക്ക് പ്രായോഗികമാണ് എത്രയോ മഹാപുരുഷന്മാർ വരണു കണ്ടു നമസ്കരിച്ചു എന്തെങ്കിലും സേവ ചെയ്തു കൊടുക്കാമെങ്കിൽ ചെയ്തു കൊടുത്തു അതിന് നമ്മളുടെ ഗുരു തന്നെ വേണമെന്നില്ല ഏത് രൂപത്തിലെ മഹാപുരുഷന്മാർ വന്നാലും ഭഗവാൻ തന്നെയാണ് ആ രൂപത്തില് വരണത് എന്ന് പറഞ്ഞ് ആരാധിച്ചു അപ്പൊ ദേവനെ ആരാധിക്കണത് നിത്യപൂജ ചെയ്യണത് ഒരു അഭ്യാസം മാത്രമാണ് അതോടെ ദ്വിജപൂജനം ഗുരുപൂജനം ഗുരുവാണ് വഴി കാണിച്ചു തരാൻ ദേവപൂജ എങ്ങനെ ചെയ്യണം ഇതിന്റെ തത്വം എന്താണ് നോക്കൂ ഗുരുവിന്റെ അടുത്തു നിന്നാണ് ഗുരുദേവതാത്മ ഭാഗവതം പറഞ്ഞു ഗുരുദേവതാത്മ ഗുരു ഉപദേശിച്ചു അതിനനുസരിച്ച് ദേവപൂജ ചെയ്തു ആത്മസാക്ഷാത്കാരം നേടി ഗുരു തന്നെ ദേവത ഗുരു തന്നെ ആത്മാ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ ജ്ഞാനികൾ എങ്ങനെ എവിടെയുള്ളവരാണെങ്കിലും അവർ പൂജനം അവരെയൊക്കെ ആരാധിക്കണം ശുചിത്വം നല്ല വൃത്തിയുണ്ടെങ്കിൽ പതഞ്ജലി മഹർഷി പറഞ്ഞു എന്താ അതിന് ലക്ഷണം എന്ന് വെച്ച സ്വാംഗ ജുഗുപ്സൈര സംസർഗ അവനവന്റെ ശരീരത്തിനോട് തന്നെ ഒരു ഒരു വിമിഷ്ടം വരുത്തേ വെറുപ്പ് ഇതിനെ പോയി ഇനി ആരാധിക്കുകയാണ് സ്വാംഗ ജുഗുപ്സൈര സംസർഗ പരശരീരത്തിനെ സ്പർശിക്കില്ല ഈ തൊടാതിരിക്കുക അങ്ങനെ വന്നതാ അനാവശ്യമായി ആരുടെ ശരീരവും സ്പർശിക്കരുത് ഇത് സനാതനധർമ്മമാണ് അതുകൊണ്ട് ഇവിടെ ഷേക്ക് ആൻഡ് ഒന്നുമില്ല നമസ്തേ കഴിഞ്ഞു നമസ്കാരം അനാവശ്യമായി ബസ്സിൽ പൂപ്പായി തൊടില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇടയ്ക്ക് മാറി നിൽക്കുക പറയാൻ പാടില്ല അനാവശ്യമായി പരസ്പർശം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു സെൻട്രൽ ഡിസിപ്ലിൻ അത് ശൌചത്തിന്റെ ഒരു അംശമാണ് ശരീരത്തിനെ ശുദ്ധാക്കി ശുദ്ധാക്കി മനസ്സിലാവും അത് ശുദ്ധാവില്ലാന്ന് മനസ്സിലാവും അതും അറിവാണ് ശരീരത്തിന് ശൗചം സ്നാനം മനോമലത്യാഗ ധർമ്മപുത്ര പറഞ്ഞു മഹാഭാരതത്തിലെ ഉത്തമ സ്നാനം എന്താണെന്നു വെച്ചാൽ മനസ്സിലുള്ള മലമൊക്കെ കളയണം അത് വളരെ വിഷമാ ഇപ്പോ ശരീരത്തിന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യണത് സ്നാനം ഒരാൾ ചോദിച്ചു സ്നാനം പഞ്ചവിധം പ്രോക്തം എന്താ അത് എന്ന് വെച്ച കാണുക വെള്ളം കാണുക കുളിക്കുന്നതിനെ പറഞ്ഞു കേൾക്കുക കുളിച്ചവനെ ഒന്ന് തൊടുക അവസാനം ഒന്ന് പ്രോക്ഷണം ചെയ്യുക സ്നാനം പഞ്ചവിധം പ്രോക്തം കുളിക്കാന്ന് വെച്ചാ അത്ര മടിയാ അത് ഈ മകരമാസത്തില് രാവിലെ നാലു മണിക്ക് മാലയിട്ടു കുളത്തില് പോയിട്ട് എത്ര നേരം ആയിരിക്കും അറിയോ തൊട്ടിട്ട് തൊട്ടിട്ട് അല്ലങ്ങനെ തൊട്ട് നോക്കിയാ എന്നിട്ട് അവസാനം ഒരു പ്രോക്ഷണം കഴിഞ്ഞ് പോണ പാർട്ടികളും എല്ലാം കഴിഞ്ഞിട്ട് ശൗചം പഴയകാലത്ത് പലവട്ടം കുളിക്കും സന്ധ്യാവന്ദനത്തിനൊരു കുളിയും ആധ്യാനികത്തിന് ഒരു കുളി സായൻസ് സന്ധ്യാവന്തനത്തിനൊരു കുളി എല്ലാത്തിനും പല വിധത്തിലുള്ള ശൗചം പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം ശരീരനിർവർത്തി ശാരീരം ശരീരപ്രധാന സർവൈവ കാര്യകരണൈ കർത്താദിഭി സാധ്യം ശാരീരം തപഹ ഉച്ച ശരീരം കൊണ്ട് ചെയ്യേണ്ട ശൗചത്തിനെയാണ് ഇവിടെ പറയണത് അതുകൊണ്ട് സമയത്തിന് കുളിക്കുക കഴിയുന്നതും വൃത്തിയായിട്ടിരിക്കുക മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിൽ ശൗചം വയ്ക്കുക അശുചിയായിട്ടുള്ള സാധനങ്ങളെ ചേർക്കാതിരിക്കുക ഇതൊക്കെ ശൌചമാണ് ധ്യാനത്തിന് പോലും മുമ്പ് തന്ത്രശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു ശൌചം നിർവർത്തിയ ശൗചം ചെയ്തിട്ട് മലമൂത്ര വിസർജനമൊക്കെ ചെയ്തിട്ട് ധ്യാനിക്കാൻ ഇരിക്കുക അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒരു ഹെവീനെസ് ഉണ്ടാവുമല്ലോ അശുദ്ധി ഉള്ളിലുണ്ട് തമോ ഗുണ ഉണ്ടാവും അതുകൊണ്ട് ശൗചം ചെയ്യാന്ന് പറയുന്നത് ഒരു തപസ്സാണ് നല്ല തണുപ്പിൽ കുളിക്കുക എന്ന് പറയുന്നത് ഒരു തപസ്സാണെന്ന് എല്ലാം ഓർഡറിൽ വെക്കുക എന്ന് പറയുന്നത് ഒരു തപസ്സാണ് ഭഗവനാമത്തിനെ ജപിച്ചു ഒരു ശൗചം ഊണ് കഴിക്കുമ്പോൾ ഭഗവന്നാമം ജപിച്ചുകൊണ്ടേ ഉള്ളില് ഭഗവന്നാമുണ്ടെങ്കിൽ അന്നമൊക്കെ ശുദ്ധാവും അതൊരു ശൗചം അപവിത്ര പവിത്രോ വർവാവസ്ഥോ യസ്മരേത് പുണ്ഡരീ കാക്ഷം സ ബാഹ്യഭ്യന്തരശുചി മാനസം വാചിക്കും കർമ്മ സമുപാർജിതം ശ്രീരാമസ്മരണ വ്യപോഹത്തി മാനസം വാചികമായിട്ടുള്ളതൊക്കെ തന്നെ കായികമായിട്ടുള്ളതൊക്കെ തന്നെ കർമ്മം കൊണ്ട് എന്തൊക്കെ സമാഹരിച്ചിട്ടുണ്ടോ ഒക്കെ തന്നെ ഭഗവന്നാമ ജപം കൊണ്ട് ശുദ്ധമായിട്ട് അപ്പൊ ശൗചത്തില് ഭഗവന്നാമ ജപത്തിനെയും ചേർക്കാം ദേവപൂജനത്തിൽ തന്നെ ഭഗവന്നാമജപം വന്നു ഇപ്പൊ ശൗചം ഇപ്പൊ നമ്മളുടെ കാലത്തിലൊക്കെ മാറിപ്പോയിപ്പോ പഴയ കാലത്ത് എണീറ്റ് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടക്ക തൊടില്ല നമ്മൾക്കിപ്പോൾ കിടക്ക എപ്പോഴും തൊട്ട് കൊണ്ടിരിക്കുന്നത് നമ്മള് കിടക്കയിലാണ് മെഡിറ്റേഷൻ കിടക്കണ കിടക്ക സാധാരണ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കില്ല അത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ട് വരാൻ പറയും പണ്ട് ഇപ്പൊ നമുക്കതൊന്നും ഇല്ല അതൊക്കെ ശൗചത്തിന്റെ ഭാഗമാണ് എല്ലായിടവും ശുദ്ധമാക്കിയിട്ടാണ് പൂജ ചെയ്യാനിരിക്കുക എല്ലാത്തിനും ഒരു ഒരു സത്വാംശതിന്റെ ആർജവം സ്ട്രേറ്റ് ഫോർവേഡ് ഈ ശൗചമാണ് ഊണ് കഴിക്കുമ്പോ പഴയകാലത്തുള്ള ആചാരമുള്ളവരുടെ കൂടെ ഊണ് കഴിക്കാന്ന് വെച്ചാൽ പുതിയ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാ ഇത് തൊട്ടാ തൊടാൻ പാടില്ലേ അത് തൊട്ട തൊടാൻ പാടില്ലേ ഒക്കെ പറയും ഇന്നലെ പറഞ്ഞില്ലേ അതിനൊക്കെ ഒരു ഒരു കാര്യണ്ട് ഊണ് ഓരോരോ പ്രാവശ്യവും കൊണ്ടുവരും അതുകൊണ്ട് ആചാരമായിട്ട് വന്ന സമ്പ്രദായത്തിലുള്ളവർ ആചാരമുള്ളവര് ബെറ്റർ വേറെ ആരുടെ കൂടെ ഊണ് കഴിക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ചിലർ ഈ കൈകൊണ്ട് ഇതെടുക്കും ഇതുകൊണ്ട് ഇതെടുക്കും ഈ പാത്രത്തിൽ തന്നെ ഇതെടുക്കും പഴയ സമ്പ്രദായത്തിലുള്ളവർ ഊണ് കഴിച്ച് ഊണ് ചോറ് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ കൈ കഴുകും കൈ കഴുകിയിട്ടേ വേറെന്തെങ്കിലും തൊട്ടുകയുള്ളൂ ഇത് ഉള്ളിലുള്ള ആളുകളെ മോഡേൺ ആളുകളുമായിട്ട് ഊണ് കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പകുതി കഴിഞ്ഞാൽ പിന്നെ തകട്ടാൻ തുടങ്ങും ഇവർ ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ തകട്ടാൻ ഇതും തൊടും ഇതും തൊടും രണ്ട് കൈകൊണ്ടും എടുക്കും ഇതൊക്കെ കാണുമ്പോ വിഷമം തോന്നും എന്താണെന്ന് വെച്ചാൽ അവർ അഭ്യസിച്ച് വന്നിരിക്കുന്ന ശൗചത്തിന്റെ ഒരു സംസ്കാരം ഉള്ളിൽ കിടക്കണ്ടേ അതിശൗചമാണോ എന്ന് ചോദിച്ചാൽ വേറെ കാര്യം പക്ഷെ ധർമ്മശാസ്ത്ര വിഹിതമായ ശൗചം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം വെച്ചിട്ടുണ്ട് അവര് അപ്പൊ അതുകൊണ്ട് ഓരോന്നിനും തൊട്ട് വെള്ളം തൊടും ഒക്കെ തള്ളിവെക്കും ഇങ്ങനെയൊക്കെ എന്തോ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ശൗചമും തപസ്സിന്റെ ഒരു ഭാഗമാണ് ശുചിത്വം തപസ്സിന്റെ ഒരു ഭാഗമാണ് ഫിസിക്കൽ തപസ് ശരീരത്തിന് ശുദ്ധമാക്കി വയ്ക്കുക കുളിക്ക വൃത്തിയായിട്ട് ഇരിക്കുക ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ മതി അത് തന്നെ തപസ്സിന്റെ ഒരു ഭാഗമാണ് ആർജവം നേരെ ചൊവ്വെ സമ്പാദിക്ക ഉള്ളിലൊന്നു വെച്ച് പുറത്തൊന്നും പറയാതിരിക്കുക ഉള്ളൊണ്ട് വെത്തു പുറമൊണ്ട് പേശുവാർ ഉറവ് കലവാമെ വേണ്ടും രാമലിംഗ സ്വാമി ഉള്ളൊന്നു വെച്ചപ്പം വെളിയിലൊന്നു ചൊല്ലുവാ ശുനി മഹാഭാരതത്തിലെ ദുര്യോധനുടുവാത്തി മറിക്കോഡ് കൾച്ചർ അതാണോ എപ്പൊ ആർ യു എന്താണോ വർഷമാണോ എന്താ പറയുക ർജവം സ്ട്രേറ്റ് ഫോർവേഡ് ഒരാള് ആർജവയുക്തനാണെങ്കിൽ അയാളുടെ ഉള്ളിൽ എന്തുണ്ടോ അത് മുഴുവൻ അറിയും വിഭീഷണനെ കണ്ടിട്ട് രാമൻ ഒരു മീറ്റിംഗ് കൂട്ടിണ്ട് വാനരന്മാരെയൊക്കെ വിളിച്ച് ഇയാളെ എടുക്കണമോ വേണ്ടയോ പല വാനരന്മാര് പറഞ്ഞു ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല ഇയാള് രാക്ഷസനാണ് രാവണന്റെ സഹോദരനാണ് ഇവൻ കൂടെ ചേർന്നിട്ട് ചതിക്കും അതുകൊണ്ട് കൂടെ വെച്ച് വെച്ചാലും ഒരു സ്പൈ വെക്കണം എന്നൊക്കെ പറഞ്ഞു ഹനുമാനോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഒരാളുടെ മുഖം നോക്കിയാൽ അറിയാൻ സാധിക്കുമെങ്കിൽ അയാളുടെ ഭാവത്തില് ചിലർക്ക് മുഖത്ത് പല ലയേഴ്സ് ഉണ്ടാവും ഈ കാണുന്ന പോലെ എല്ലാം തോന്നും അങ്ങനെ ഒന്നുമില്ലാത്രേ വിഭീഷണനെ കാണുമ്പോൾ ഉള്ളിൽ എന്താണോ അതാണോ മുഖത്തുള്ളത് അയാൾ ഇനി ഒരു ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അയാളുടെ മുഖത്ത് അയാളുടെ ഉള്ളു മുഴുവനും ഉണ്ട് അയാൾക്ക് രണ്ടു മുഖമൊന്നുമില്ല മുഖത്തില് വേറെ മനസ്സിൽ വേറെ ഒന്നുമില്ല അയാൾക്ക് ഒരു വശേ ഉള്ളൂ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം അനുഷ്ഠാനത്ത് ധർമ്മോത്പത്തി ശാസ്ത്രം പറയണു ധർമ്മം ഉദ്ഭവിക്കും എന്നാണ് പറയണത് ധർമ്മം ഉദ്ഭവിക്കാന്ന് വെച്ചാൽ ദ പേഴ്സൺ ബിക്കംസ് ഇന്റർഗ്രേറ്റഡ് ഇന്റക്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടില്ല എന്നർത്ഥം അദ്വൈതം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൾ മാത്രല്ല ഇയാളുടെ ഭാവത്തിൽ തന്നെ ഇയാൾക്ക് ഉള്ളിലൊരു അഭിപ്രായം വെളിയിലൊരു അഭിപ്രായം മാറ്റി പറയുക മറിച്ച് പറയാ നുണ പറയുക വെളിയിലൊരു പെർസനാലിറ്റി ഉള്ളിലൊരു പെർസനാലിറ്റി ഇങ്ങനെയൊന്നുമില്ല അയാൾ എന്താണോ അതാണ് അയാൾക്ക് ഒരൊറ്റ മുഖമേ ഉള്ളൂ അയാൾ വിശ്വസിക്കാം അയാൾ പറഞ്ഞിട്ട് പിന്നെ മാറ്റില്ല പിന്നെ ചതിക്കില്ല അത് ആർജവമാണ് ശൗചം ആർജവം ഋചുത്വം ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ആളുകൾ ധരിക്കുന്നത് കല്യാണം കഴിക്കാത്തവരൊക്കെ ബ്രഹ്മചാരി ബാച്ചിലർ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കണത് അങ്ങനെയല്ല ബ്രഹ്മത്തിൽ മനസ്സ് ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി വാസ്തവർത്ഥത്തിൽ ബ്രഹ്മണി മനസഹാചാരം ബ്രഹ്മചര്യം പരമസ്മൃതം ഇവിടെ ശരീരത്തിന്റെ തലത്തിലാണ് ബ്രഹ്മചര്യം പറയണത് അതുകൊണ്ട് രണ്ടുവിധത്തിൽ ബ്രഹ്മചര്യത്തിനെ വ്യാഖ്യാനം ഒന്ന് വേദാധ്യയനം തന്നെ ബ്രഹ്മചര്യമാണ് ശാസ്ത്രാധ്യയനം ചെയ്തുകൊണ്ട് നിഷ്ഠയോടെ ഇരിക്കുന്നത് ബ്രഹ്മചര്യമാണ് ബ്രഹ്മചാരിക്ക് സ്ത്രീ സംഘമില്ലാതിരിക്കുന്നത് ബ്രഹ്മചര്യമാണ് സന്യാസിക്ക് മരം കൊണ്ടുണ്ടാക്കിയ സ്ത്രീയെ പോലും അടുപ്പിക്കാതിരിക്കണത് ബ്രഹ്മചര്യം എന്നാണ് പ്രണത അതായത് സന്യാസിയാണെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാവയാണെങ്കിൽ പോലും തൊട്ടിങ്ങനെ നീക്കാൻ പാടില്ല ബ്രഹ്മചാരിക്ക് ചെറിയ കുട്ടികളാണ് പൊതുവെ ബ്രഹ്മചാരി എന്നുള്ളത് കൊണ്ട് അംഗീകരിക്കണത് നൈഷ്ഠിക ബ്രഹ്മചാരികൾ നമ്മളുടെ ശാസ്ത്രത്തിൽ വളരെ കുറവാണ് വളരെ റേറാണ് അപ്പൊ ബ്രഹ്മചാരി എന്ന കുട്ടികളാണല്ലോ അവർക്കും അധികം ചില നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൃഹസ്ഥനും ബ്രഹ്മചര്യം പറഞ്ഞു ഋതുകാലഗമനം പ്രജായ ഗൃഹമേഥിനം ഇന്നത്തെ ആളുകൾ പറയുന്നത് കല്യാണമൊക്കെ കുട്ടികളൊന്നും വേണ്ട ഇന്നിപ്പോൾ മോഡേൺ ട്രെൻഡ് എസ്പെഷ്യലി സ്പിരിച്വൽ ഫീൽഡിൽ അങ്ങനെ കുറെ ആളുകളുണ്ട് അവർ കല്യാണം കഴിക്കാൻ തയ്യാറാണ് കുട്ടികളൊക്കെ വന്നാൽ ബന്ധമാണ് നമുക്ക് പ്രകൃതിയെ പറ്റിക്കാൻ ടെക്നിക്ക് ഒന്നുമില്ല പ്രകൃതിയുടെ മേലെ മണ്ണെറിഞ്ഞാൽ അത് നമ്മളുടെ മേത്തേക്ക് തന്നെ വന്നു വീഴും കുട്ടികൾ ജനിക്കാതിരിക്കണമെങ്കിൽ ഇയാൾ ശരിക്കും ബ്രഹ്മചാരിയായിട്ടിരിക്കണം രാമകൃഷ്ണ പരമഹംസർ ശാരദാദേവി ഇരുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ ശരി അല്ലെങ്കിൽ ഇയാള് ബ്രഹ്മചാരി സന്യാസിയായിട്ടിരിക്കണം ഗൃഹസ്ഥനായിട്ടിരിക്കുകയാണെങ്കിൽ പ്രകൃതി നിയമം ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ ആ വരമ്പിന്റെ ഉള്ളിലിരുന്ന് ഭഗവതാരാധനാലക്ഷണമായ ധർമ്മത്തില് എങ്ങനെ എങ്ങനെ നിയമം പറഞ്ഞിട്ടുണ്ടോ ആ നിയമത്തിന് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗൃഹസ്ഥന് ബ്രഹ്മചര്യം എന്ന് ഉപനിഷത്ത് പറഞ്ഞു അത് ശരീരത്തിന്റെ ബ്രഹ്മചര്യമാണ് ശരീരത്തിന്റെ ബ്രഹ്മചര്യം ബ്രഹ്മചര്യം അഹിംസ ഒരു പ്രാണിയും ഹിംസിക്കാതിരിക്ക ഒരു പ്രാണിയും ദ്രോഹിക്കാതിരിക്കൊരു വിധത്തിൽ ഫിസിക്കലാണ് എവിടെയും തപസ്സെന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് നായ പശുവിനെ തല്ല അല്ലേ ഇപ്പൊ കൊതുകിനെ കൊല്ലാനായിട്ട് ഒരു ബ്രഹ്മാസ്ത്രം എല്ലാരും വെക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ വീട്ടിലുണ്ട് ഇവിടെ അതിങ്ങനെ ഒരു ബാറ്റ് വെച്ചിട്ട് അപ്പൊ നമുക്ക് അറിയണവരൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യണവരോടൊക്കെ പറയും നിങ്ങള് ചെയ്തോളൂ കൊതുക് ഇത് കൊല്ലുമ്പോ ധാരാളം കൂടിക്കൊണ്ടേയിരിക്കണോ എങ്ങനെ കൂടാതിരിക്കും ഒരു ആള് ചെത്തുപോന ആ ദയാദികളെല്ലാം വരും ആ പതിമൂന്ന് വരെ പോകേട്ടാ ഇവരി കൊശുക്ക് കൊശുക്ക് നെനച്ചുപാറും ബന്ധുക്കളെല്ലാം വന്ന്പ്പാ ഇറ്റ് അട്രാക്ട്സ് മോർ മോസ്കിറ്റോസ് അതാണ് അതിന്റെ പവർ അത് വരും അത് ചെയ്യണ കർമ്മം കൊണ്ട് നമ്മൾക്ക് ഫിസിക്കൽ ബെനിഫിറ്റ് ഉള്ളിലോ ഒരു വയലൻസ് വരണില്ലേ അപ്പോ അതാലോചിച്ചു നോക്കാം ഒരു വയലൻസ് വരണ്ടോ ഇല്ലയോ കൊല്ലതിന് മുഴുവൻ കൊല്ലണം ഇയാളുടെ ഉള്ളിൽ വന്ന അത് കൊശ് കൊതുകാണെങ്കിലും ശരി വേറെ എന്തെങ്കിലും ആണെങ്കിലും ശരി ഭാവത്തിൽ വ്യത്യാസമൊന്നുമില്ല ഒരാളെ കൊല്ലണം എന്ന് പറയുമ്പോൾ എന്ത് ഭാവം വരണോ അതേ ഭാവം തന്നെയാണ് ഈ കൊതുകിനെ കൊല്ലണം എന്ന് പറയുമ്പോഴും യു ഹാവ് ദ സെയിം വയ വയലൻസ് ഇൻ യു അത് ആളെ കൊല്ലുമ്പോൾ നമ്മൾ അയാളെ കോർട്ടിൽ കയറ്റും കൊതുകിനെ കൊന്ന ആരും കോർട്ടിലൊന്നും കയറ്റില്ലേ അറിയാതെ നമ്മളിങ്ങനെ കൈകൊണ്ട് അടിച്ചു അത് വേറെ അത് നമ്മളുടെ അല്ല അത് പ്രകൃതിയുടെ ആണോ ഡെലിബറേറ്റ് ആയിട്ട് ഹിംസ അധ്യാത്മ സാധനയുടെ ഞാൻ പറയണത് ഞാൻ സമൂഹത്തിന് മാറ്റിമറിക്കാനുള്ള കാര്യം സാധകന് വലയുടെ സുഖമായിട്ട് ഒരു വലയുടെ ഉള്ളിൽ കയറി കിടക്കാം നല്ല നല്ല വലയൊക്കെ വരുന്നുണ്ട് കുട പോലെ കുട്ടികൾക്ക് കൊട വെക്കണ പോലെ തന്നെ ഇരുന്നിട്ടിങ്ങനെ ആക്കി അത് ഉള്ളിൽ പോവും ഒരു കൊതുക് ഉള്ളിൽ വരില്ല ഉള്ളിൽ വന്ന് കൊതുക് വെളിയിലും പോല ഈ കൊതുകിനെ പോലെ ഒരു സാധനം ഉണ്ടല്ലോ മീനിന് വലയിട്ടാ മീൻ ഉള്ളിക്കിടക്കും മാനിന് വലയിട്ടാ മാന് ഉള്ളിക്കിടക്കും പുലിക്ക് വലയിട്ടാ പുലിക്ക് പുലി ഉള്ളിക്കിടക്കും കൊതുകിന് വലയിട്ടാ നമ്മൾ ഉള്ളില് കിടക്കും എന്നിട്ട് അത് വന്നിട്ട് എക്സിബിഷനിൽ കാണുന്ന പോലെ നമ്മൾ എങ്ങനെയോ കണ്ടിട്ട് പോകും ഇങ്ങനെ പറന്ന് പറന്ന് ഓരോ സൈഡ് കൂടെയും ഈ ഉള്ളിലിരിക്കുന്ന ആളെ എത്തി നോക്കിയിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് പോവും കുട്ടികളെയൊക്കെ വന്ന് ഇതാണ് മനുഷ്യൻ എന്ന് കാണിച്ചു കൊടുത്തിട്ട് പോവും ഇയാൾ തുറക്കുമ്പോ എങ്ങനെ എങ്ങനെ കടിക്കണം എന്നുള്ളതിനൊക്കെ ടീച്ചിങ് ഈ പുറത്തു കൂടിയാണ് അഹിംസ പരമോധർമ്മ വ്യാസഭഗവാൻ പറഞ്ഞു ഏറ്റവും വലിയ ധർമ്മം എന്താ അഹിംസ പരമോധർ ഒരാളെ ഹിംസിക്കാതിരിക്കുക നമ്മൾക്ക് നമ്മളെ ആരെങ്കിലും ഹിംസിച്ചാൽ നമുക്ക് ഇഷ്ടാവണില്ലല്ലോ ആത്മവത് സർവഭൂതാനി ഇതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഹിംസിക്കരുത് മാഹിംസിയാ സർവാഭൂതാനി അഹിംസ അതൊരു തപസ്സാണ് അത് വ്യതിരേക തപസ്സാണ് അതായത് ചെയ്യാൻ പാടില്ലാത്തതാണ് ബാക്കി നമ്മൾ പറഞ്ഞതൊക്കെ ചെയ്യേണ്ടതാണ് ബ്രഹ്മചര്യം ചെയ്യാൻ പാടില്ലാത്തതാണ് ആർജവം ചെയ്യാൻ പാടില്ലാത്തത് അതായത് ചതിക്കാൻ പാടില്ല രണ്ട് വയ്ക്കാൻ പാടില്ല ഉപേക്ഷിക്കേണ്ടതാണ് കൗട്ടില്യത്തിനെ ഉപേക്ഷിക്കണത് ആർജ്ജവം അധാർമികമായ കാമത്തിനെ ഉപേക്ഷിക്കുന്നത് ബ്രഹ്മചര്യം ഹിംസയെ ഉപേക്ഷിക്കുന്നത് അഹിംസ മുമ്പ് പറഞ്ഞ ദേവദ്വജ ഗുരുപ്രാജ്ഞ പൂജന ഉപേക്ഷിക്കാനില്ലേ ചെയ്യാനുള്ളതാണ് ഇത് ഉപേക്ഷിക്കാനുള്ളതാണ് ഇങ്ങനെ ശൗചം ആർജവം ബ്രഹ്മചര്യം അഹിംസ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് മനനം ചെയ്ത് ശരീരം കൊണ്ട് എന്തൊക്കെ അനുഷ്ഠിക്കാൻ പറ്റും നോക്കിയാൽ അത് ശാരീരം തപ ഉച്ച ഫിസിക്കൽ തപസ് ഫിസിക്കൽ ഡിസിപ്ലിൻ ഇനി വാചികം മാനസികം ഒക്കെ നമ്മള് നാളെ കാണാം അരുണാ ചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാ ചലയോ മതി ഏവ തോന്നാച്യം മമ കിദസ്തിയേഷ്ടം തഥ റം ആത്മനാഥം രമണ